ം മുപ്പത്തി എട്ട് അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഈയോബിനോട് ഉത്തരമരുളിയത് എന്തെന്നാൽ അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നോരിവനാ നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക ഞാൻ നിന്നോട് ചോദിക്കും എന്നോട് ഉത്തരം പറയുക ഞാൻ ഭൂമിക്ക് ടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം അതിന്റെ അളവ് നിയമിച്ചവൻ ആര് നീ അറിയുന്നുവോ അല്ല അതിന് അളവുനൂൽ പിടിച്ചവനാർ പ്രഭാതനക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു അല്ല അതിന്റെ മൂലക്കല്ലിട്ടവൻ ആർ ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം ചാടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവനാർ അന്ന് ഞാൻ മേഘത്തെ അതിനുടുപ്പും കൂരിരുളിനെ അതിനു ചുറ്റാടയും ആക്കി ഞാൻ അതിന് അതിർ നിയമിച്ചു കതകും വെച്ചു ഇത്രത്തോളം നിനക്കു വരാം ഇത് കടക്കരുത് ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കുമെന്ന് കൽപ്പിച്ചു ഭൂമിയുടെ അറ്റങ്ങളെ പിടിക്കേണ്ടതിനും ദുഷ്ടന്മാരെ അതിൽ നിന്ന് കുടഞ്ഞുകളയേണ്ടതിനും നിന്റെ ജീവകാലത്തൊരിക്കലെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന അരുണോദയത്തിന് സ്ഥലം ആദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ അത് മുദ്രയ്ക്ക് കീഴിലെ അരക്കുപോലെ മാറുന്നു വസ്ത്രം പോലെ ആ സകലം വിളങ്ങിനിൽക്കുന്നു ുഷ്ടന്മാർക്ക് വെളിച്ചം മുടങ്ങിപ്പോകുന്നു ഓങ്ങിയ ഭൂജവും ഒടിഞ്ഞു നീ സമുദ്രത്തിന്റെ ഉറവുകളോളം ചെന്നിട്ടുണ്ടോ ആഴിയുടെ ആഴത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടോ മരണത്തിന്റെ വാതിലുകൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ അന്ധതമസിന്റെ വാതിലുകളെ നീ കണ്ടിട്ടുണ്ടോ ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ ഇതൊക്കെയും അറിയുന്നുവെങ്കിൽ പ്രസ്താവിക്കാം വെളിച്ചം വസിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴിയേത് ഇരുളിന്റെ പാർപ്പിടവും എവിടെ നിനക്കവയെ അവയുടെ അതിരോളം കൊണ്ടുപോകാമോ അവയുടെ വീട്ടിലേക്കുള്ള പാത അറിയാമോ നീ അന്നേ ജനിച്ചിരുന്നുവല്ലോ നിനക്കായുസ് ഒട്ടും കുറവല്ലല്ലോ നീ അത് അറിയാതിരിക്കുമോ നീ ഹിമത്തിന്റെ ഭണ്ണാരത്തോളം ചെന്നിട്ടുണ്ടോ കന്മഴയുടെ ഭണ്ണ്ണാരം ിട്ടുണ്ടോ ഞാനവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ച് വച്ചിരിക്കുന്നു വെളിച്ചം പിരിഞ്ഞു പോകുന്നതും കിഴക്കൻ കാറ്റ് ഭൂമിമേൽ വ്യാപിക്കുന്നതും ആയ വഴി ഏത് നിർജ്ജന ദേശത്തും മഴ പെയ്യിക്കേണ്ടതിനും തരിശും ശൂന്യവുമായ നിലത്തിന്റെ ദാഹം തീർക്കേണ്ടതിനും ഇളം മുളപ്പിക്കേണ്ടതിനും ജലപ്രവാഹത്തിന് ചാലും ഇടിമിന്നലിന് പാതയും വെട്ടിക്കൊടുത്തതാർ മഴയ്ക്ക് അപ്പനുണ്ടോ അല്ല മഞ്ഞു തുള്ളികളെ ജനിപ്പിച്ചതാർ ആരുടെ ഗർഭത്തിൽ നിന്ന് ഹിമം പുറപ്പെടുന്നു ആകാശത്തിലെ നീഹാരത്തെ ആർ പ്രസവിക്കുന്നു വെള്ളം കല്ലുപോലെ ഉറച്ചുപോകുന്നു ആഴിയുടെ മുഖം കട്ടിയായിത്തീരുന്നു കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ മകയിരത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കാമോ നിനക്ക് രാശിചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിർണയിക്കാമോ ജലപ്രവാഹം നിന്നെ മൂടേണ്ടതിന് നിനക്ക് മേഘങ്ങളോളം ശബ്ദം ഉയർത്താമോ അടിയങ്ങൾ വിടകൊള്ളുന്നു എന്ന് നിന്നോട് പറഞ്ഞ് പുറപ്പെടുവാൻ തക്കവണ്ണം ആകാശത്തിലെ തുരുത്തികളെ ചരിക്കുന്നതാർ സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങിക്കിടക്കുമ്പോഴും അവ മുറ്റുകാട്ടിൽ പതിയിരിക്കുമ്പോഴും നീ സിംഹിക്ക് ഇര വേട്ടയാടിക്കൊടുക്കുമോ ബാലസിംഹങ്ങളുടെ വിശപ്പ് അടക്കുമോ കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്ന് ദൈവത്തോടെ നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ച് കൊടുക്കുന്നതാർ